ം എട്ട് യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു യഹോവയെന്നോട് അരുളി ചെയ്തത് എന്റെ ജനമായ ഇസ്രയേലിന് പഴുപ്പ് വന്നിരിക്കുന്നു ഞാനിനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ശവം അനവതി എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും മിണ്ടരുത് ഞങ്ങൾ ഏഫയെ കുറച്ച് ശേഖയിലിനെ വലുതാക്കി കള്ളത്തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നുവെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞുപോകും എന്ന് പറഞ്ഞു ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പി ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവയാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അതുനിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു അത് മുഴുവനും നീല നദി പോലെ പൊങ്ങും മിശ്രൈമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും ഞാൻ ഏതരയിലും ഇരട്ടും ഏതു തലയിലും കഷണ്ടിയും ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കൈപ്പുള്ള ദിവസം പോലെയും ആക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് പ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യോബിയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പു തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോബിയായ കർത്താവിന്റെ അരുളപ്പാട് അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കുമുതൽ കിഴക്കുവരെയും ഉഴന്നു ചെന്ന് യഹോബിയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും അന്നാളിൽ സൌന്ദര്യമുള്ള കന്യകമാരും യൌവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും ദാനെ നിന്റെ ദൈവത്താണെ ബർഷേബ മാർഗത്താണേ എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയുടെ അകൃത്യത്തെച്ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും ഇനി എഴുന്നേൽക്കുകയുമില്ല